ഈ ചിലരെ ആളെല്ലാം പഠിപ്പിക്കാൻ നേരത്തെ നമ്മൾ ഈ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ മനസ്സിലായില്ലേ ആരെങ്കിലും ഒരു തന്നെ എഴുന്നേറ്റ് ചോദിച്ചാൽ സംഗതി പൂട്ടും കയറ് കാണുന്നവൻ പാമ്പും പാമ്പ് കാണുന്നവൻ കയറും കാണില്ല മനസ്സിലായില്ല പാമ്പ് അജ്ഞാനത്തിലും കയർജ്ഞാനത്തിലുമാണ് അപ്പം ആ പാമ്പ് എന്ന ബോധം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ആകാരം കൊണ്ടുള്ള ഭ്രമം കയറിലായത് അത് അനിർവചനീയമാണ് അത് രാത്രിയിൽ സന്ധ്യാസമയത്ത് ഇരുട്ടത്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ മാറ്റാനാ നട്ടുച്ചയ്ക്ക് സുഖൃതിയിൽ രചതം കണ്ടത് പറഞ്ഞത് അതാ ഉപമയുടെ പോരായ്മ നിൽക്കാനാണ് പഠിപ്പിക്കുന്ന ആചാര്യനോടൊപ്പം ചോദിച്ചു ആചാര്യ അതിന് ഈ പ്രപഞ്ചം നല്ല മകലത്തല്ലേ കാണുന്നത് ഇരുട്ടൊന്നും അല്ലല്ലോ അതിനാണ് മറുപടി നല്ല വെളിച്ചം ആ വെളിച്ചല്ല അറിവന്ന വെളിച്ചവും നീ കാണുന്ന ഭൗതിക വെളിച്ചവും രണ്ടാണെന്ന് ബോധ്യപ്പെടുത്താനാണ് നട്ടുച്ചയ്ക്ക് നദീതീരത്തൂടെ കടൽ തീരത്തുകൂടെ പോകുന്നവൻ വെള്ളിയാണെന്നോർത്ത് ഓടിപ്പോയി എടുക്കുമ്പോൾ മുത്തുചിപ്പ് കിട്ടുന്നത് അപ്പോൾ പട്ടാ പകലാ അപ്പോൾ പറഞ്ഞു ഒരു പ്രാവശ്യം ഇത് കണ്ട് ഭ്രമം തോന്നി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവുകയല്ലോ എന്ന് ചോദ്യം ചോദിച്ചാൽ അതിനുള്ള സമാധാനമാ മരീചിക മരീചിക കണ്ട് ബോധ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് പഴയ സ്ഥലത്ത് നിന്ന് നോക്കിയാലും അതറിഞ്ഞവൻ പിന്നെ നോക്കിയാലും മരീചിക ഉണ്ടാവും അതായി പ്രപഞ്ചം ഇത് പ്രപഞ്ചത്തിനുള്ള ഉപമയാണ് ഇവിടെ അതല്ല ഇവിടെ ദൈവചിന്തക്കുള്ളതാണ് അതുകൊണ്ട് ഈ ഉപമകൾ തമ്മിൽ ചിലർ താരതമ്യം ചെയ്യും ശങ്കരൻ്റെ ഉപമയേക്കാൾ ഗംഭീരമാണിത് ശങ്കരനും നാരായണ ഗുരുവുമൊക്കെ ഒരേ ആളാണ് അവ തമ്മിൽ താരതമ്യമില്ല എന്ന് പഠിക്കുന്നത് ഉചിതം അവരുടെ ഉപമകൾക്കും താരതമ്യമില്ല ഈ ഉപമകളൊന്നും അവരുടേതല്ല വേദങ്ങളിൽ നിന്ന് വന്നതാണ് അതവർ പഠിച്ചു പരമ്പരയ്ക്ക് കൈമാറി അതിൽ നിന്നുള്ളവർ പഠിച്ചു അവർ വീണ്ടും കൈമാറി അങ്ങനെ പറയുന്നു അത്രയേ ഉള്ളൂ ഇതെല്ലാം കടം വാങ്ങിച്ചതാണ് ആദിമമായ അറിവിൽ ഇതിൽ ശങ്കരനോ നാരായണ ഗുരുവോ വ്യാസനോ വസിഷ്ഠനോ ഒന്നും പരസ്പരം താരതമ്യം ചെയ്യാനാകാത്ത വിധത്തിൽ ഏകവും അദ്വയവുമാണെന്ന് അറിയുന്നവൻ മാത്രമേ ഈ പരമ്പരയിൽപ്പെടൂ അല്ലാതെ ഇതിനെ ജാതി വെച്ചും മതം വെച്ചും വർഗം വെച്ചും ദേശം വെച്ചും ഇവയെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേറൊരു കാലത്ത് വേറൊരു ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് അവനവൻ്റെ ഇച്ഛക്കിണങ്ങുമാറി പഠിക്കുന്നവൻ വിവരദോഷി മാത്രമാണ് എന്തു പഠിപ്പിച്ചാലും മറന്നുപോട്ടാണ് അതുകൊണ്ട് ഇവയൊന്നും തമ്മിൽ താരതമ്യമില്ല ഇതൊക്കെ അറിവിനുള്ള ലിംഗങ്ങൾ മാത്രമാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചവുമാണ് അതിനെപ്പറ്റി തർക്കവും വേണ്ട ആ നിലയിൽ ഈ ഉപമകൾ കാണണം രണ്ട് നേരത്തെ പറഞ്ഞു കയറിൽ പാമ്പില്ല സാധമ്യം കൊണ്ട നാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്ന കാലത്ത് ലോകായതനന്മാർ കൂടി ശങ്കരന്റെ അടുക്കൽ ഭൈരാഗികളായ ശിഷ്യന്മാരായ അത്താമലകനൊക്കെ ആ കൂട്ടത്തിൽ വിടും അത്താമലകൻ വർത്തമാനം പോലും പറഞ്ഞിരുന്നില്ല അമ്മേടിയത്തിന്റെയും കൂടെ നടക്കുമ്പം അവസാനം അച്ഛനും അമ്മയും ശങ്കരനോട് തന്നെയെന്ന് പറഞ്ഞു കുറെ കാലമായി ഉപനയനം ചെയ്യണമെന്നുണ്ട് നല്ല കുളത്തിൽ ജനിച്ചു ഒരു നിവൃത്തിയിലേക്ക് വർത്തമാനം തന്നെ പറയുന്നില്ല എന്ന് അപ്പം ശങ്കരൻ മെല്ലെ തട്ടിയിട്ട് വിളിച്ചിട്ട് ചോദിച്ചു കുഞ്ഞേ നീ ആരാണ് പ്രിയം പറയുന്നവനെ പ്രിയമായി പറയു എന്ന് അപ്പം അച്ഛനും പൊട്ടനോട് വർത്തമാനം പറയാൻ പറയുന്നവൻ അവനേക്കാൾ പൊട്ടനായിരിക്കണ്ടേ ഓ ഇയാടെ അടുക്കമെന്നാണല്ലോ പരാതി പറഞ്ഞു ഓർത്തപ്പോഴാണ് മകൻ മെല്ലെ വർത്തമാനം പറഞ്ഞു ഇതുവരെ വർത്തമാനം പറയാത്ത വർത്തമാനം പറഞ്ഞു ചദേവയക്ഷ ഞാൻ മനുഷ്യനല്ല ഞാൻ ദേവനല്ല ഞാൻ യക്ഷനല്ല ഞാൻ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയുമല്ലു നം നിജബോധരൂപ ഭഗവനാ ബോധരൂപമാകുന്നു ഞാൻ ശങ്കരനെ അടിമുടിയെന്ന് നോക്കിയിട്ട് തന്തയും തള്ളേയും വിളിച്ചു പറഞ്ഞു ഇത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാൽ കൊള്ളുവരാ ഞാൻ കൊണ്ടുപോകാം ഇവൻ എനിക്ക് പ്രയോജനപ്പെട്ടേക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയല്ല ഇത് വെറുതെ എന്തിനായിരിക്കും ചോദനം ഹസ്തത്തിലാലകം പോലെ ഉള്ളം നെല്ലിക്ക പോലെ അറിവ് വന്നവൻ എന്ന അർത്ഥത്തിലയാളെ എന്ന് വിളിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ളവരോടായി പോയൊക്കെ പറഞ്ഞത് സാമൂഹ്യ ലോകത്തിൽ പഠിപ്പിക്കേണ്ടി വന്ന നാരായണ ഗുരുവിൻ്റെ ഈ ലോകമൊക്കെ അല്പം രസമാണെന്ന് തോന്നലുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഭംഗിയായി പറഞ്ഞു മലമിയലും മലർമാല കയറന്നല്ല പറഞ്ഞു നല്ല ഭംഗിയുള്ള മലർമാല നാഗമാണോ പാമ്പാണെന്ന് ധരിച്ച് പേടിക്കുന്നു ആളുകൾ കയറ് പാമ്പാണെന്ന് വിചാരിക്കുക മാല പാമ്പാണെന്ന് വിചാരിക്കുക രണ്ടും വ്യത്യാസമൊന്നുമില്ല പക്ഷേ മനസ്സിലാകാൻ കൂടുതൽ എളുപ്പം ഇതിനുണ്ട് ഈ കാലത്ത് ഇന്ന് പഠിപ്പിക്കുമ്പോൾ അതിലും കൂടുതൽ പഠിപ്പിക്കണം കാരണം റോക്കിൻ്റെയും ഒക്കെ കാലമാണ് മലർമാല എന്ന് പറഞ്ഞാലും പോരാ അല്ലേ അതിലും കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും അതിൽ കാലത്തിൻ്റെ മാറ്റം അതിന്മേലുണ്ടാവാം സംഗതി ഒന്ന് തന്നെ ഇവിടെയും ആഴിയും തിരയും പ്രകൃഷ്ടമായ ഒരു ഉപമയാണ് ഉപയോഗിക്കുന്നത് നാരായണ ഗുരു പക്ഷെ ആ നിർത്തിയില്ല ആഴിയും തിരയും കാറ്റും ആഴവും ചതുഷ്പാദതന്ത്രം വേദാന്ത ദർശനത്തിലെ ചതുഷ്പാദ തന്ത്രം ആഴി തിര ആഴിയാണ് തിരയായി അടിക്കുന്നത് കാർമാര കാറ്റ് അപ്പോ സ്ഥൂലമായ ആഴി സൂക്ഷ്മമായ അല്ല സ്ഥൂലമായ തിര സൂക്ഷ്മമായ ആഴി അതിനെ ആഴിയായും തിരയായും രൂപാന്തരപ്പെടുത്തുന്ന കാറ്റ് കാറ്റ് അതിൻ്റെ ആഴവും ഈ തിരയും കാറ്റും ആഴിയും ഇല്ലാത്ത ആഴവും ജാഗ്രത്ത് സ്വപ്നം സുഷുദ്ധി തുലീയമെന്ന ദാർശനിക സവിശേഷതയുടെ ആഴം ജാഗ്രത്തായി പ്രതിപാദിക്കുന്ന തിര ഈ ലോകത്ത് തിരനോട്ടം നടത്തി നിർത്തുന്ന ജാഗ്ര അവ ഏതൊരു സ്വപ്നത്തിൽ നിന്നുഭൂതമാകുന്നുവോ ആഴി അതിന് കാരണഭൂതമായ കാത്ത് ഇതൊന്നുമില്ല അഗാധന ആഴം ചതുർത്ഥം മഞ്ഞന്തേജ്ഞേയജ്ഞം ആവശ്യം ഭാരതീയ ചിന്തയുടെ ആഴം ആ കരിയെ പോകാം പ്രാധനിലൂടെ പോകാം കവിതയായിട്ട് ഇങ്ങനെ ഒഴുകി വന്നതായിരിക്കും നാരായണ ഗുരു ആ സമ്പന്നമായ മുഹൂർത്തങ്ങളിൽ കവി സർവഗ്രാഹിയ എന്ന് വരുന്ന പദങ്ങൾ ഇതൊക്കെ നിങ്ങൾ നായന്മാർക്ക് ഈരവർക്കും നമ്പൂരിമാർക്കും വല്ലതും മനസ്സിലാവൂ ഇത് കവിത കൂടെ മനുഷ്യനെ മാത്രമേ മനസ്സിലാവൂ നാരായണ ഗുരുവിനെ ഇവനൊന്നും മനസ്സിലാവൂല്ല മനുഷ്യനെ മനസ്സിലാവുകയുള്ളൂ മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാവൂ നാരായണം നായരെയും നാരായണ ചോനിയും നാരായണൻ നമ്പൂതിരിയും തന്നെ നാരായണൻ വാക്തിയും നാരായണൻ ചാന്നാനിയും അതിൽ തന്നെ നാരായണൻ ഇല്ലത്ത് നാരായണൻ അടച്ചേരി നായരെയും ഒക്കെ നിങ്ങൾക്ക് നാരായണ ഗുരുവിനെ മനസ്സിലാവില്ല അവിടെ പേരുച്ചരിക്കാതിരുന്നാൽ ലോകം നിങ്ങൾക്ക് മാപ്പ് തരും ഞാനിങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടുമെന്നറിയില്ല ശരിക്കിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു ധൂപം വരി ഭാവാതീതന്മാരുടെ പരമ്പരകൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പരിവേഷം നൽകി അവരെപ്പോലും ഭൂമിയിലേക്ക് ആനയിച്ച് താഴ്ത്തിക്കൊണ്ടുവരുന്ന വർഗത്തിന് എന്നായിരിക്കും മോക്ഷം കിട്ടുക ദൈവമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ലേ ഇവർക്ക് മാപ്പ് നൽകേണമേ മഹോന്നതന്മാരായ മനുഷ്യ സ്നേഹികളെ അവരുടെ ദർശനമെന്തെന്നും അവരുടെ ജീവിതമെന്തെന്നും തിരിച്ചറിയാത്ത ജനത അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ അറ്റത്തുള്ള വാലിൽ ജനിച്ചതുകൊണ്ട് അതെന്റെയാണെന്നും എന്നോടൊപ്പമുള്ളതാണെന്നും ആ അഭിമാനിച്ച് ഓരം ചേർന്ന് നിന്ന് ആ ദർശന സവിശേഷതയുടെ അല്പമാത്രമെങ്കിലും അനുഭവിച്ചിരുന്നെങ്കിൽ ചില ഉന്നതസ്ഥാനീയന്മാരുടെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ ആ ഒരു പ്രാവശ്യം ചാണക വെള്ളത്തിൽ ആ നാവൊന്ന് മുക്കിത്തെ അതിന് നിങ്ങൾ ആധുനികരുടെ നാവിൽ നിന്ന് ഓട്ടയുടെയും ജോഡിവാക്കറുടെയും നാടൻപട്ടയുടെയും മണം തന്നെ പോകണ്ടേ അതിൽ മുക്കിക്കുഴച്ച നിങ്ങൾക്ക് നാരായണ ഗുരുവിലെ നാരായണനെ പറ്റി പറയാൻ അറിയുമായിരിക്കും ഗുരുവിനെ പറയാൻ അറിയില്ല ആ ഗൗരവം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും ആവില്ല നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയില്ല കാരണം സത്യം ആളുകൾക്ക് പൊതുവേ ഇഷ്ടപ്പെടില്ലെന്നെനിക്കറിയാം സോ ആഴിയും തിരയും കാറ്റും ആഴവും ആ ചതുഷ്പാദ തന്ത്രം അതിനോട് ഉപിക്കുന്നുവോ ഞങ്ങളും ആഴയും നിൻ മഹിമയും നീയും ഞാൻ അപമാനം നോക്കുക ആ ചതുപാതന്ത്രത്തിനപ്പുറം ആഴിയും ഞങ്ങളും തിരയും ആഴയും കാറ്റും നിൻമഹിമയും ആഴവും നീയും സാഹിത്യം അറിയുമോ സഹിതത്വമുള്ള സാഹിത്യമെല്ലാം വായിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല അളിമുട്ടത്തുകർക്കെയും കൊന്നം വർക്കെയും എം ടി വാസുദേവൻ നായരെയും ഒക്കെ വായിച്ച് നേരം കളഞ്ഞപ്പോഴ് ഈ കോപ്പി അടിച്ച് ദദ്ധന്മാർ കോപ്പി അടിച്ചതൊക്കെ നിങ്ങൾ കാണാപ്പാടാക്കിയിട്ടുണ്ടാവും ചാഴമുള്ള സഹിതത്വമുള്ള സാഹിത്യമുണ്ട് ഉപനിഷത്തുകളിൽ വേദങ്ങളിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ ഒരാവിടത്തിന്ന് വായിച്ചു നോക്കണം എന്റെ ഗാംഭീര്യം അറിയണമെങ്കിൽ അതിൻ്റെ തലങ്ങളിൽ നിന്ന് വന്നവരാണ് നാരായണ ഗുരുവിനെ പോലുള്ളത് എല്ലാവരും സ്തോത്രം പേടിച്ചാൽ പോലും അതിന്റെ മൂല്യം സാഹിത്യത്തിലൊക്കെ വളരെ വലുതായി ആഴിയും ഞങ്ങളും തിരയും കാറ്റും ആഴവും നീയും സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള ഗതീയത സ്ഥൂലമായ ഞങ്ങളുംയയും ഞങ്ങളെ ഉണ്ടാക്കുന്നതും മായയാ ഞാനെന്റെ ഞങ്ങൾ ഇതൊക്കെ അറിയില്ലായ്മയുടെ ലക്ഷ്മണമാണ് ഈ ലോകത്തിൽ എവിടെയെല്ലാം നിങ്ങൾ ഞാനെന്നും എന്റേതെന്നും ഞങ്ങളെന്നും ഞങ്ങളുടേതല്ലെന്നും തീരുമാനിച്ചുവോ അവിടെയൊക്കെ ഞങ്ങളുടെ വല്ലാത്ത ഒന്നുണ്ട് ആ നിഷേധത്തിലൂടെ നിങ്ങൾ ഈശ്വരന്റെ സർവ്വവ്യാപനത്തെ നിഷേധിച്ചു നിങ്ങൾ ഒരു സമയത്ത് പറഞ്ഞു ഈശ്വരൻ സർവ്വവ്യാപിയാണ് സർവവ്യാപിയാണ് എന്ന് ഞങ്ങളുടെ ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളില്ല നിങ്ങൾ അടുത്ത ശബ്ദം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഭത്വദർശനത്തെ നിങ്ങൾ തന്നെ നിഷേധിച്ചു എവിടെയൊക്കെ ഹിന്ദുണ്ടോ എവിടെയൊക്കെ മുസ്ലിം ഉണ്ടോ എവിടെയൊക്കെ ക്രിസ്ത്യാനി ഉണ്ടോ എവിടെയൊക്കെ നായരുണ്ടോ എവിടെയൊക്കെ ഉള്ളവരുണ്ടോ എവിടെയൊക്കെ നമ്പൂരിയുണ്ടോ എവിടെയൊക്കെ നിങ്ങളുടെ പ്രത്യേക പ്രത്യേക സംഘടനകൾ എന്നെ വിളിച്ച നിങ്ങൾ ഉൾപ്പെടെ ഉണ്ടോ ഈശ്വരനെ നിഷേധിക്കാതെ മായാവൃതമായ ശക്തി ഞങ്ങളെന്ന് പരിമിതപ്പെടുത്തുമ്പോൾ ഞങ്ങളും മായയും നിന്റെ മഹിമാഗ്രഹം അപൂർവമാണ് നിന്റെ മഹിമയും നീയും നിന്റെ മഹിമയും നീയും വന്നാൽ ഞങ്ങളും മായയും മാറും നിന്റെ മഹിമയില്ലാത്തതാണ് ഞങ്ങളും മായയും ഉണ്ടാകുന്നത് നിന്റെ മഹിമയാകുന്ന കാറ്റ് നീയെ അവന്റെ ഉള്ളിയായാൽ കുമാരനും കുമാരിയും ഒന്നുമില്ല ബാലനും സർവത്രം മാത്രം ഒന്നുമില്ല സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടിയെ കുറിച്ച് ഒരുപാട് ചിന്തകൾ ഭാരതത്തിലുണ്ട് സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് അനേക ഇത് മായയെ കൊണ്ടിരുന്നത് ഋഗ്വേദം നാൽപ്പത്തിയേഴ് പതിനെട്ട് ഒക്കെയാണ് പത്താം മണ്ഡലത്തിൽ അതുപോലെ തന്നെ ബൃഹദാരണ്യകം രണ്ട് ആറ് ബ്രഹ്മസൂത്രം മൂന്ന് രണ്ട് മൂന്ന് ഒക്കെ മായയെ സൃഷ്ടിയിൽ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണ് അനേക ചിന്തകൾ അതിനു മുമ്പ് തന്നെ ഭാരതത്തിലും മറ്റു ദേശങ്ങളിലൊക്കെ എടുക്കുമ്പോൾ സൃഷ്ടിയെ കുറിച്ച് അനേകം കാര്യകാരണ സംബന്ധവാദം കോഷ്യുമെന്റ് അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ് അതേപോലെ തന്നെ വിശ്വവ്യവസ്ഥാവാദം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ഇതൊക്കെ ലോകത്ത് നിലനിന്നിട്ടുള്ള ഒരുപാട് തരം വാദങ്ങളാണ് നമ്മൾ പഠിച്ചു നോക്കിയാൽ കാണാം ആ വാദങ്ങളെല്ലാം പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ അതു ആരംഭിക്കുന്ന യുക്തി അവസാനിക്കുന്നിടത്തെത്തുമ്പോൾ യുക്തിഭംഗം വരികയും അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാൻ പറ്റുകയും ചെയ്യും ഒരുപാട് പണിയൊന്നും വേണ്ട വളരെ എളുപ്പമായി ഈ ലോകത്ത് ഓരോ ആർഗ്യുമെന്റും കാര്യകാരണ സംബന്ധവാദം അതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട എളുപ്പത്തിൽ ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നവരുണ്ട് ഈ മേശം എങ്ങനെയുണ്ടായി ആശാരി വേണം ആശാരി ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു അവസാനം അതുപോലെ പ്രപഞ്ചത്തിനൊരു ഈശ്വരം വേണം അധികം ചിന്തിക്കാത്ത വർഗത്തെ ഒതുക്കി നിർത്താനും ആ ഈശ്വരനുമായി നേരിട്ട് എനിക്കാണ് ബന്ധമുള്ളതെന്നും അതുകൊണ്ട് നീ എനിക്ക് വല്ലതൊക്കെ തന്നാൽ ഞാൻ അവിടെ എത്തിക്കുമെന്നും ഞാൻ നിൻ്റെ ഇടയിലെ മധ്യസ്ഥനാണെന്നും നേരിട്ടുള്ള ലിങ്കാണ് ഞാനെന്നും അതുകൊണ്ട് ഈ കമ്പ്യൂട്ടറിലേക്ക് നിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സന്ദേശം അയച്ചാൽ ഞാൻ അവിടെ എത്തിച്ച് അവിടുന്ന് സന്ദേശം നിനക്ക് തരുമെന്നും അങ്ങനെ നിനക്ക് ഈ വിശ്വവിശാല ജാലകം ഞാൻ തുറന്നു തരാമെന്നും പറയുന്ന സമറ്റിക് ചിന്തയുണ്ട് ഇന്ന് നിങ്ങൾ പുലർത്തുന്നതും ആ ചിന്ത തന്നെയാണ് നിങ്ങളൊക്കെ മതം മാറിയിരിക്കുന്നു നിങ്ങളൊന്നും ഇന്ന് ഹിന്ദുക്കളല്ല പേരെയുള്ളൂ ഹിന്ദുക്കളുടെ രാമനും കൃഷ്ണനും ഒക്കെ പേരിട്ടാൽ ഹിന്ദുക്കളാവുമെന്ന് തെറ്റിദ്ധരിച്ചാണെങ്കിൽ ഇപ്പം ആ പേരെയൊക്കെ സമറ്റിക് മതങ്ങളിൽ കൊണ്ടുവരും പേടിക്കണ്ട നിങ്ങൾ ഈ കാര്യകാരണ സംബന്ധവാദത്തിൽ കോസ്വൽ ആർഗ്യുമെന്റ് അവിടെയാണ് നിൽക്കുന്നത് അല്പം ചിന്തിച്ചാൽ ഇത് പൊട്ടും ഇത് ഗതികേട് പറ്റും ഇതിനകത്ത് ഒരുങ്ങി നിന്നൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതിനകത്തു ഒന്നും വല്ലരും ഈ ചോദ്യം ചോദിക്കും ഭാരതീയ ചിന്ത പഠിച്ചവന് ഈ ചോദിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാകും വന്നിട്ട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ ആരാ ഉണ്ടാക്കിയത് ആദ്യത്തെ ഒതുക്കി നിർത്താൻ അധിക പ്രസംഗം ചോദിക്കുന്നെന്ന് പറഞ്ഞ് വടിയെടുത്ത് കാണിക്കാം പക്ഷെ അല്പമൊക്കെ വിവരമുള്ളവൻ ചോദിച്ചാൽ ഈ വടിയെടുക്കാൻ പറ്റിയല്ല മനസ്സിലായെന്നറിയില്ല നമ്മളോടൊപ്പം വിവരമുള്ളവനാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നവണെന്ന് ഒന്ന് ഈ ചോദ്യം ചോദിച്ചാൽ മുമ്പ് വടിയെടുത്ത് ഒതുക്കി നിരുത്തിയ പിള്ളേര് ചോദിക്കും എന്താ അയാട നേരെ വടിയെടുക്കാത്തത് അത് ഞാൻ പൊട്ടെന്ന് വിചാരിച്ചതാണ് അയലോടൊന്നും മറുപടി വരേണ്ട നീ ഇങ്ങനെ പഠിച്ചാൽ മതിയെന്ന് തൽക്കാലം പറയുമ്പോഴേ ഉള്ളിലെ ശബ്ദം പിള്ളേര് കേൾക്കും അപ്പൊ ഒന്ന് കിടുങ്ങിയിട്ടുണ്ടെന്ന് പിള്ളേർക്ക് മനസ്സിലാവുന്നതോടെ ഇതിൻ്റെ കെട്ടറ പോകും അതുകൊണ്ട് കാര്യകാരണ സംബന്ധവാദം അതിൻ്റെ ആരംഭമായ എന്തിനും കാരണം വേണമെന്ന വാദം ഈശ്വരനും നിന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനുമൊരു കാരണം വേണ്ടിവരും കാരണം അനന്തമായതുകൊണ്ട് കാര്യകാരണ സംബന്ധവാദം അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കാത്തതാണ് മനസ്സിലായില്ല അത് ആ വഴിയിൽ ഈശ്വരനെ അന്വേഷിച്ച് പോകരുത് പോയിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ആശയവാദങ്ങൾ ഓൺടോളജിക്കൽ ആർഗ്യുമെന്റ് ഈശ്വരൻ എന്നൊരാശയമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നതും ഒരാശയമാണ് ഇതൊരു സങ്കല്പനം മാത്രമാണ് പറഞ്ഞാൽ തേടായി ഇതൊക്കെ പഠിപ്പിച്ചുകൊടുത്തെല്ലാം സങ്കല്പമാണ് പറഞ്ഞു ഗംഭീരമായിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയവർ വീട്ടിലാവപ്പെടെ ഒരു പാത്രത്തിനകത്ത് നിന്നാൽ കല്ല് പെറുകിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു സ്വാമികളെ ഇതൊരാശയമാണ് ഇതൊരു സങ്കല്പമാണ് ഇത് കൊഴുക്കട്ടയാണെന്ന് സങ്കല്പിച്ച് കഴിച്ചാൽ സ്വാമികളുടെ ആഭ്യസം കൂട്ടും ആശയവും സങ്കല്പൊക്കെ മാറും അതുകൊണ്ട് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റിനും നിലനിപ്പില്ല മനസ്സിലായില്ല പ്രയോഗത്തെ സ്വാധീനിക്കാത്തതും പ്രയോഗത്തെ ഉൾക്കൊള്ളാത്തതുമായ ഒരു ശാസ്ത്രവും അല്പനേരത്തെ കൂട്ടായ്മയ്ക്ക് അപ്പുറത്ത് അവനവൻ്റെ ഏകാന്തതകളിൽ അവൻ എല്ലാ കൂട്ടായ്മയ്ക്കും വെളിയിലെത്തി തൻ്റെ ഭയമില്ലാത്തതും ആനന്ദമായും നിലനിൽക്കുന്നുവോ അതിന് മാത്രമേ ഈ തലങ്ങളിൽ പ്രസക്തിയുള്ളൂ ഒരുമിച്ചുള്ളപ്പോൾ ശരിയെന്ന് തോന്നിയത് കൊണ്ടായില്ല പോയി ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ ശരിയെന്ന് ബോധ്യപ്പെടണം വീട്ടിൽ ഒന്നറിയില്ല ഭയം കൊണ്ടുണ്ടാവും പൂർണമായ ഏകാന്തതയിൽ തൻ്റെ അന്തരേന്ദ്രിയ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏതൊന്ന് ശരിയെന്ന് വ്യക്തമായി ബോധ്യമാകുന്നുവോ അത് ഈ ലോകത്തിന് മുഴുവൻ ശരിയായിരിക്കും അതിനാ ദർശനം എന്ന് പറഞ്ഞു അവൻ കാണുക അങ്ങനൊന്ന് ഭാരതീയത തേടിപ്പോയത് അതേപോലെ തന്നെ വിശ്വവ്യവസ്ഥാ വ്യാപാദവും ഈ വിശ്വത്തിനൊരു വ്യവസ്ഥയുണ്ട് അങ്ങനെ ജെൽ പറയാം ഇത് ക്രമം തറ്റാതെ പോകുന്നതാണ് ഒരു ക്രമമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്രമത്തെ നോക്കിയിരുന്നാൽ ക്രമമേയില്ലെന്ന് മനസ്സിലാവും കാരണം വെജിറ്റേറിയനായ ജീവികളൊക്കെ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തള്ളമുളയിൽ പ്രസവിച്ച് ആദ്യത്തെ കുഞ്ഞിനെ തന്നെ ആ തള്ളവെന്നെ തിന്നുമ്പോൾ വിശ്വത്തിൻ്റെ വ്യവസ്ഥ പോയി മനസ്സിലായില്ല അത് കാണാത്തോന്ന് തൽക്കാലത്തേക്ക് തേണ്ടത്തോ ഒരു വ്യവസ്ഥയും ഇല്ലെന്ന് മനസ്സിലാവും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ വർത്തമാനം പറയാതാകുമ്പോൾ വ്യവസ്ഥല്ലോ യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം ഒരു നിയമങ്ങളും ബാധകമല്ലാത്തതാണ് ഈ പ്രപഞ്ചം മൊത്തമായി നോക്കിയാൽ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളും പ്രകൃതിയാ ഉള്ളതെന്നവൻ കണ്ടെത്തിയ നിയമങ്ങളും വരെ നിമിഷാർത്ഥം കൊണ്ട് മാറി മറി ഒരിക്കൽ പ്രകാശം ഋജുരേഖയിലാണെന്ന് തോന്നുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെ അതിന്റെ ആ ആഗമനികവും നിഗമനികവുമായ രീതിയിൽ തെളിയിക്കുകയും ചെയ്ത് അടുത്ത നിമിഷം നോക്കുമ്പോൾ തരംഗ രൂപത്തിലാവും ഋജുരേഖയിലാണെന്ന് പറഞ്ഞ് നോവൽ സമ്മാനം മേടിച്ചവനൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഉൾപ്പെടെ കാരണവർക്ക് കിട്ടിയതും പ്രകാശം ഋജുരേഖ പോയിട്ടാണ് മോളിക്കുലർ കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അതിൽ നടത്തിയ പരീക്ഷണങ്ങളിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ക്രിസ്ത്യൻ ഹൈക്കൻസോണിൽ നിന്ന് ഋർജുരേഖയിലല്ല എന്ന് പറഞ്ഞതോടെ അന്നൂരെ മേടിച്ചവനൊക്കെ തിരിച്ചു കൊടുക്കണം സത്യസന്ധത ഉണ്ടെങ്കിൽ അതിന് അങ്ങേരി പോലും ഇല്ല വിനന്തി അപ്പൊ എന്താണിതിന്റെ വ്യവസ്ഥ ആലോചിച്ചൊരു വാക്ക് പറയാൻ പറ്റാത്തവരാണിത് വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നു അടുത്ത വാക്ക് എന്താവും പറയാൻ പോകുന്നതെന്ന് പറയുന്നവന് പോലും നിശ്ചയമില്ല വ്യവസ്ഥയില്ലാത്തതാണ് ഈ പ്രപഞ്ചം അതുകൊണ്ട് വ്യവസ്ഥാവാദവും നിലനിൽക്കില്ല സ്വദേശ്യമാണ് ഈ പ്രപഞ്ചം മറ്റേ ചിലർ ഇതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് ദുഃഖം വരുമ്പോൾ ചില കവികളൊക്കെ എങ്ങനെയായിരുന്നു കുരുക്കീഴുന്നെഴുന്നീരിലിട്ട് മുക്കും മുറ്റും ഭുവനൈക ശില്പി മനുഷ്യവൃത്തം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ അതിനകത്ത് തന്നെ അപകടമുണ്ട് ഏതോ പണിത്തരത്തിന് അതുതന്നെ സ്വദേശികത ഇല്ലെന്നുള്ളതിന് കഴിയാം അത് നാലപ്പാടിന്റെ അറിവിൻ്റെ ഗുണമാണ് ആ കവിതയിൽ തന്നെ സ്വദേശ്യതയിലൂടെ പറഞ്ഞ് സ്വദേശ്യത ഇല്ലെന്ന് സ്ഥാപിച്ചാണ് അങ്ങര നിൽക്കുന്നത് സ്വദേശ്യമല്ല ഈ പ്രപഞ്ചം ഇങ്ങനെയാണെങ്കിൽ പിന്നീട് ഏതാണ് അവിടെയാണ് മായയ്ക്ക് പ്രസംഗം അവിടെയാണ് വിവർത്തത്തിന് പ്രസംഗം അവിടെയാണ് വിഗ്വേദത്തിന് പ്രസംഗം നിവർത്തനമാണ് ഈ പ്രപഞ്ചം അവഗ്രഹിച്ചാൽ ഇല്ലാതാവുകയും വ്യവഹരിക്കുമ്പോൾ തോന്നുകയും ചെയ്യുന്ന ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാൻ കഴിയാത്ത സത് അസത്വിലണമായ മായയാണി സത്തല്ല അസത്തുമല്ല ലോജിക്കുന്ന ലോജിക്കയിൽ പറഞ്ഞു ഇതിനോട് ഏറ്റുമുട്ടി ഇല്ലെന്നുണ്ടെന്നെളി കാരണം ഉള്ളതാണോ അതെ അത്രയുണ്ടോ ഇല്ല ഉള്ളതല്ലേ അതെ എന്നാലുണ്ടോ സത് അസിലായ ഡാവിൽ കെട്ടിദ്ധരിക്കുന്നത് ഒറ്റ ഇല്ലാത്തതെന്ന് ശങ്കരൻ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞില്ല വിവരദോഷികൾക്ക് എപ്പോഴും ഉള്ളവർ വിവരമുള്ളവർ ഇല്ലാതാവ് അതുകൊണ്ട് ഒന്ന് ചോദിക്കുമ്പോ ആചാര്യന്മാരും ചോദ്യം ചോദിക്കുന്നവനെ നോക്കിയിട്ടാണ് ഉത്തരം പറയുന്നത് ഈ പ്രപഞ്ചം ഉള്ളതല്ലേ ഗുരു ഉള്ളത് തന്നെ അരിച്ചുപൊളിച്ച് ജീവിക്കടാ കാരണം നിനക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഉണ്ടോന്നു ചോദിച്ചത് ഏ ഈ പ്രപഞ്ചമൊന്നും ഇല്ല അല്ലേ ഗുരു ഇല്ലടാ വെറും തോന്നൽ ഏ ആ ചോദ്യം ചോദിക്കുന്നവനനുസരിച്ച് കാരണം ചോദിക്കുന്നവൻ്റെ ഉള്ളിലുള്ള ഉത്തരം അതിൻ്റെ ഉത്തരം ചോദ്യത്തിന് മുമ്പേ ഉത്തരവുണ്ടല്ലോ ഉത്തരമില്ലാതെ ഇന്നു വരെ ആരും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല ആ ഉത്തരം ആരോട് ചോദിക്കുന്നുവോ അവൻ പറയാനാണല്ലോ നമ്മുടെ വഴക്ക് ആദ്യ ഉത്തര പിന്നെ ആ ചോദ്യം അല്ലാതെ ഒരു ചോദ്യവും വരില്ല അത് മനസ്സിലാക്കിയവർ കുറവാണെന്നേ ഉള്ളു അതുകൊണ്ട് അവരും ഉണ്ടാതിരിക്കും എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ചോദ്യകർത്താവിലുണ്ട് അവനെ കോഴിപ്പിക്കണമെങ്കിൽ ഒന്നും മാറ്റി പറഞ്ഞാൽ മതി ഉത്തരമില്ലാത്തൊരു ചോദ്യവും ഇന്ന് വരെ ഒരു ചോദ്യകർത്താവും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് മിടുക്കൻ പറയും ആസ് ക്വസ്റ്റ്യൻ വെരി വിയർ ട് എന്നോട് ചോദിച്ച് നീ എന്തറിയാൻ നിന്നിലില്ലേ ഉത്തരം നിന്നോട് ചോദിക്കടാ നീ എന്നോട് ചോദിക്കാൻ തോന്നിയതാണ് നിന്റെ പൊട്ടത്തലം മനസ്സിലായില്ല നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിന്നിൽ വെച്ച് ഈ പറയാൻ മാത്രം നീ ചോദിക്കുന്നു നിന്റെ ചോദ്യവും നിന്റെ ഉത്തരവും നിന്നിലാണ് ഇതില അതുകൊണ്ട് എവിടെ പോയി ആരോടുത്തരത്തിന് വേണ്ടി ചോദ്യം ചോദിച്ചാലും ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് നമ്മുടെ പ്രിയത്തിനായാൽ ഗംഭിരം അത് തന്നെ പറഞ്ഞു തിരിച്ചായാൽ തിരിച്ചായാൽ ഉടനെ മറ്റൊരു പ്രസ്ഥാനം പ്രതീക്ഷിക്കാം ഒട്ടനെ പുതിയൊരു പ്രസ്ഥാനം പ്രതീക്ഷിക്കാം എല്ലാ ചോദ്യങ്ങളിലും ഒരു ഉത്തരം മാത്രമല്ല പുതിയൊരു പ്രസ്ഥാനവും ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ചോദ്യമില്ലാതാകട്ടെ അവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും അസ്തമിക്കും മനസ്സിലായില്ല ലോകത്തെല്ലാം ഉൽപ്പന്നമാകുന്നത് ഈ അജ്ഞാനത്തിൽ എന്നാണ് അതുകൊണ്ട് തന്നെ വിവർത്തവാദം പ്രപഞ്ചം വിവർത്തമാണ് ശങ്കരൻ മായ എന്ന് ഉപയോഗിച്ചു മാത്രം അതിന് മുമ്പ് രാചാര്യൻ ഉണ്ടായിരുന്നു അവിടെ ഇതൊന്നുമില്ല അത് മനസ്സിലാവില്ല